ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞ് ഒരു നിശ്ചലത ഉണ്ടാവുകയാണെങ്കിൽ ആ നിശ്ചലതയിൽ എത്ര നേരെ ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഇരിക്കാം ആ നിശ്ചലത തന്നെ ശിവം ആദ്യം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ദേഹം ഇതിനെയൊക്കെ നിഷേധിച്ചു അടുത്തത് അല്പം സൂക്ഷ്മ തലത്തിലേക്ക് പോവാണ് നാണസഞ്ജന വൈ പഞ്ചവായു നാതു പഞ്ചകോശാണിപാദ ഉപസ്ഥയു ചിദാനന്ദ ശിവോഹം ശിവോഹം എന്റെ സ്വരൂപം സ്വരൂപത്തിനെ ഇപ്പൊ കാണിച്ചു തന്നു ഞാൻ എന്നുള്ള അനുഭവം ആ അനുഭവം തെളിയാൻ എന്താ തടസ്സം എത്ര എളുപ്പം കേൾക്കുമ്പോ അല്ലെ കഷ്ടമേ ഇല്ല എളുപ്പം കേൾക്കുമ്പോ ഇത്രയധികം എളുപ്പമായിട്ട് വേറെ നമുക്ക് വൈകുണ്ഠത്തിൽ പോകേണ്ട കൈലാസത്തിൽ പോകണ്ട ഒരു ചലനം പോലും വേണ്ട പഴയ ഒരു പാട്ടുണ്ട് നന്ദനാർ ചരിത്രത്തിൽ അദ്ദേഹം അതില് ഗോപാലകൃഷ്ണ ഭാരതി പാടി ഇത് വളരെ കഠിനം അയ്യേം എത്ത കഠിനം ഈ വിദ്യ വളരെ കഠിനം ഏത് വിദ്യാശിയാലെ മൂലക്കനൽ ഈ അഗ്നി കുലകുണ്ടലിനിയെ എഴുന്നേൽപ്പിച്ച സ്വരൂപത്തിൽ പോയി മൂലാധാരത്തിൽ ചെന്ന് ജ്ഞാനമാവുന്ന പാലുകുടിക്കുന്ന യോഗരഹസ്യം അയ്യേയും എത്ത കഠിനം എന്ന് പാടി അത് കേട്ട് മുരുകനാർ സ്വാമികൾ അതിനൊരു പാരഡി പോലെ എഴുതി അയ്യേ അതിസുലഭം ആത്മവിദ്യയേ ഹേ അതിസുലഭം ഈ ആത്മവിദ്യ വളരെ സുലഭം എന്നിട്ട് മഹർഷിയുടെ അടുത്ത് പൂരിപ്പിക്കാൻ കൊടുത്തു അപ്പൊ എഴുതി കർമാദികട്ടവീഴ ജന്മാദിനമേഴ എന്മാർഗമത്തനിലും ഇൻമാർഗം മിക്കെളിത്ത് ൊൽ മാന തനുവൻ കർമാതി സിതിൻി സുമാ അമർന്നിരിക്ക അകത്തിൽ ആത്മ ജ്യോതിയേ ഇരാത് ഭീതിയേ ഇമ്പ അമ്പോധിയേ അയ്യേ അതിസുലഭം ആത്മവിത്തെ അയ്യേ അതിസുലഭം ഈ ആത്മവിദ്യ വളരെ സുലഭം എന്നാണ് എന്താ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്നു വിചാരം ചെയ്ത് അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ കർമാദി കട്ട് അവിഴ കർമ്മത്തിന്റെ കെട്ട് ബന്ധനം അഴിഞ്ഞു പോകുന്നു എന്നാണ് ജന്മാതി നഷ്ടം എഴ ജനം മരണം മുതലായിട്ടുള്ളതൊക്കെ നഷ്ടമായി പോകുന്നു അതിന് എൻ മാർഗം എല്ലാ മാർഗത്തിനേക്കാളും ഇൻമാർഗം മിക്ക എളിത് എല്ലാത്തിനേക്കാളും വളരെ എളുപ്പം സുലഭം ബാക്കിയുള്ള മാർഗത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഈ മാർഗത്തിലോ ശൊൽ എന്ന് വെച്ചാ വാക്ക് മനസ് തനു ശരീരം ശൊൽ മാനത തനുവിൻ കർമാതി ശിരിത് ഇൻറി ശരീരത്തിന്റെയോ വാക്കിന്റെയോ മനസ്സിന്റെയോ ഒരു ചലനവും കൂടാതെ ചുമ്മാ അമർന്തിരുക്ക് തന്നിൽ താൻ ചുമ്മാ ഇരിക്കാൻ ഉം ചുമ്മാ അമർന്തിരുക്ക് അമ്മാ അമ്മാന്ന് വെച്ചാൽ ആശ്ചര്യം എന്നാണ് നമ്മൾ അപ്പോഴേ അയ്യോന്ന് പറഞ്ഞ പോലെ അമ്മാ അകത്തിൽ ആത്മജ്യോതിയെ ചുമ്മാ ഇരുന്നാൽ എന്ത് കിട്ടും ഇതൊക്കെ ചലിക്കാതെ നിൽക്കുമ്പോ അകത്ത് ഉള്ളില് ഹൃദയത്തിൽ ആത്മജ്യോതിയെ ആത്മജ്യോതി പ്രകാശിക്കുന്നു അത് പ്രകാശിച്ചത് കൊണ്ട് എന്താ പ്രയോജനം ഇരാത് ഭീതിയെ ഭയമില്ലാന്നാണ് ഇൻബ അംബോധിയെ ഇൻബം എന്ന് വെച്ചാൽ ആനന്ദം അംബോധി വെച്ചാൽ സമുദ്രം ആനന്ദ ഇൻബ അംബോധിയെ നിതാനുഭൂതിയെ ആത്മാനുഭവം അപ്പൊ ആത്മാനുഭവം സഹജസിദ്ധമാണ് എല്ലാവർക്കും ആത്മാനുഭവം സഹജസിദ്ധമാണ് അതിന് തടസ്സമായി മൂലാന്വേഷണം ചെയ്യുന്നു നമ്മൾ ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കുന്നു തിരിക്കുമ്പോ നമ്മൾ കാണും എന്താ കാണുക ശ്രദ്ധയെ അടുത്തു നിൽക്കുന്നവർ ചലിപ്പിക്കും എപ്പോഴും നമുക്ക് മായ നമുക്ക് അടുത്ത് നിൽക്കുന്നവരാണ് നമ്മളുടെ അടുത്തുള്ളവരാണ് അല്ലെ അടുത്തുള്ളവർ അതുകൊണ്ടാണ് കുടുംബത്തിനെ ഉപേക്ഷിക്കൽ ലോകത്തിനെ ഉപേക്ഷിക്കൽ പക്ഷെ കുടുംബം ലോകമൊന്നും വിട്ടാ പോരാ നമ്മളുടെ ശരീരത്തിലുള്ള കുറെ ആളുകളുണ്ട് അവർ തന്നെ നമ്മളുടെ ശ്രദ്ധയെ ആ സ്വരൂപത്തിൽ നിന്നും ചലിപ്പിക്കും ആരൊക്കെ അവര് അതാണ് ആദ്യ അവരെ കുറെ പേരുടെ പേര് പറഞ്ഞു മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ദേഹം ഇന്ദ്രിയങ്ങള് ഒക്കെ പത്രം ശ്രദ്ധ അങ്ങോട്ടൊക്കെ പോകും അറിയുന്നവനെ ശ്രദ്ധിക്കുമ്പോ ശരീരത്തിലും അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന തോട്ട്സിലും ഒക്കെ പോകും അതിന് പിന്തിരിപ്പിക്കാനാണ് അവയൊക്കെ നിഷേധിക്കുന്നത് ഇവിടെയും നോക്കുക നച്ച പ്രാണസംജ്ഞാ ഈ പ്രാണൻ ആയിട്ടൊന്നു ഉള്ളിലുണ്ടല്ലോ അത് ഞാനല്ല പ്രാണനെ പഞ്ചവായുഹു അഞ്ചു വായുവാണ് ഉള്ളില് പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ ഈ അഞ്ച് വായു അഞ്ച് തരത്തിൽ വായു ഒരു വായുവേ ഉള്ളൂ അഞ്ചു ജോലി ചെയ്യണു അത് അത്രയുള്ളൂ ഹൃദിപ്രാണ ഗുദേ അപാന സമാനോനാഭിമണ്ഡല ഉദാന കണ്ഠദേശസ്ഥ ഹൃദയത്തിൽ പ്രാണൻ ഗുദത്തിൽ പുറമേക്ക് വിസർജനാദികൾ ചെയ്യുന്നത് അപാനൻ ഹൃദിപ്രാണ ഗുദേ അപാന വയറിൽ ഡൈജഷനൊക്കെ ചെയ്യുന്നത് സമാനൻ ഉദാനൻ കണ്ഠത്തിൽ അവസാനം ജീവനെ വലിച്ചുകൊണ്ടുപോകുന്നത് ഉദാനൻ ശരീരത്തിൽ മുഴുവൻ സംക്രമണം ചെയ്യുന്നു വ്യാനൻ ഹൃതിപ്രാണോ ഗുദേപാന സമാനോനാഭിമണ്ഡലെ ഉദാന കണ്ഠദേശസ്ഥ വ്യാന സർവശരീരക അപ്പോ ഇതിനാണ് പഞ്ചവായു എന്ന് പറയാം അപ്പോ നച്ച പ്രാണസജ്ഞോ നായു ഏഴ് ധാതുക്കൾ നമ്മളുടെ ശരീരത്തിൽ ഏഴു ധാതുക്കളുണ്ട് രസം രക്തം മാംസം മേതസ് അസ്ഥി മജ്ജ ശുക്രം ഈ ഏഴ് ധാതുക്കളും ഞാനല്ല ഇനിയിപ്പോ കെമിസ്ട്രിയോ അനാട്ടോമിയോ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ധാരാളം അംഗഭാഗങ്ങളൊക്കെ ഉള്ളിൽ തോന്നുന്നു ഇതൊന്നും ഞാനല്ല ഈ വസ്തുക്കളൊന്നും ഞാനല്ല ഇതൊക്കെ എന്റെ ചുറ്റുമുള്ള ഒരു മാംസപിണ്ഡമാണത് മുഴുവൻ ഇതൊന്നും ഞാനല്ല ഒരമ്മയോട് ഞാൻ ആരാണെന്ന് ചോദിച്ചു എനിക്ക് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞു അമ്മ എന്താ കിട്ടിയതെന്ന് ഞാൻ ആരാണ് എന്ന് എനിക്ക് ഭഗവാൻ എന്റെ മുമ്പിൽ ഒരു കാണിച്ചു തന്നു നല്ല കൂത്തായി ഈ അസ്ഥി ഒന്ന് ഞാനല്ല കാണുന്നതിനെയൊക്കെ തള്ളിക്കളയണം എന്നാണ് ഉള്ളിൽ ഒരുപക്ഷെ സാക്ഷാത് ശിവൻ ശൂലം പിടിച്ച് ജടാധാരിയായി മുമ്പിൽ നിന്നാൽ ഈ ശിവനും ഞാനല്ല ഇത് വന്നിട്ട് പോകുന്ന ശിവനാണ് നമ്മുടെ മഹർഷി അരുണാചല ശിവനോട് അപാരഭക്തിയുള്ള ആണ് ആ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു അങ്ങയുടെ മുമ്പിൽ അരുണാചല ശിവൻ പ്രത്യക്ഷപ്പെട്ടാൽ അങ്ങ് എന്തു വരം ചോദിക്കും ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു ഈ പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊന്നും ഈ പ്രത്യക്ഷപ്പെടുന്ന വേലയെല്ലാം എങ്കിട്ട് വെച്ചുകാതെ ചൊല്ലെ ഈ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ഇടപാട് ഈ ട്രിക്ക് ഒന്നും എന്റെ വേണ്ടാന്ന് പറയുന്നു കാരണം എന്താ ഈ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ അസത്യമാണ് ഇന്ദ്രിയമേ അസത്യമായിരിക്കുമ്പോ ഈ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോകും പിന്നെ വിരഹദുഃഖം അപ്പോ പ്രത്യക്ഷപ്പെടുകയും വരുകയും പോവുകയും ചെയ്യും ഗോപസ്ത്രീകൾ എത്ര പുറമേക്കുള്ള കൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ടിരുന്നു അത്രകാലം അവർക്ക് വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു കൃഷ്ണൻ അവരെ വിട്ടുപോയി എന്നിട്ട് കൃഷ്ണൻ ബുദ്ധവരോട് മെസ്സേജ് അയച്ചു അതില് കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ ഞാൻ വരികയും പോവുകയും ചെയ്യുന്ന പുറമേക്ക് കാണുന്ന ഒരു രൂപമാണെന്ന് ധരിച്ചാൽ നിങ്ങൾക്ക് ദുഃഖം നിശേഷം മാറിക്കിട്ടില്ല ഞാൻ ജ്ഞാനമയനാണ് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണ് ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയാത്തവനാണെന്ന് അറിയണം അതിനാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്ക് പുറമേക്ക് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാത്തത് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ ഇനിയും തെറ്റിദ്ധരിക്കും ഈ പുറത്ത് കാണുന്നതാണ് ഈ പുറത്ത് കാണുന്നതൊക്കെ എന്നെങ്കിലും ഒരു ദിവസം അപ്രത്യക്ഷമാവും എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് നഷ്ടമാവും അതുകൊണ്ട് പുറമേക്ക് കാണുന്നതിനെ ഒന്നും ആശ്രയിക്കരുത് ആശ്രയിച്ചാൽ ദുഃഖിക്കേണ്ടി വരും അപ്പൊ ഒരു ദർശനവും കാണുന്നതൊന്നും ഞാനല്ല കാണുന്നവനിലേക്ക് ശ്രദ്ധയെ തിരിച്ചുകൊണ്ടിരിക്കണം കാണുന്ന പദാർത്ഥത്തിൽ നിന്നുമൊക്കെ കാണുന്നവൻ അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് എന്നാണ് അറിയുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ അറിഞ്ഞിടുന്നവനിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടേയിരിക്കാം നമ്മൾക്ക് യാതൊരു ബന്ധവും ബന്ധമൊക്കെ ശരീരം ഞാനെന്ന് കരുതിയാൽ ബന്ധം മനസ്സ് ഞാനെന്ന് കരുതിയാൽ ബന്ധം ബുദ്ധി ഞാനെന്ന് കരുതിയാൽ ബന്ധം ഇതൊക്കെ ദൃശ്യപദാർത്ഥമാണ് ഞാൻ ഇതിനെയൊക്കെ അറിയുന്ന അവബോധമാണ് ആ അവബോധത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം ശ്രദ്ധ തിരിക്കുമ്പോ പ്രാണനെ ഉള്ളിൽ കാണുന്നു പ്രാണമയമായ ഒരു പ്രപഞ്ചം കാണും നമ്മളുടെ ഉള്ളിൽ സ്പന്ദനം ഏർപ്പെടുന്നത് കാണും ശരീരത്തിൽ മുഴുവൻ പ്രാണസഞ്ചാരം ഏർപ്പെടുന്നത് കാണും ഈ പ്രാണസഞ്ചാരത്തിലും വീണു പോകരുത് എന്നാണ് ആ പ്രാണസഞ്ചാരം ഏർപ്പെടുമ്പോ അവർക്ക് ചിലപ്പോൾ സിദ്ധികളൊക്കെ ഉണ്ടാകും അവർക്ക് പരമാ പല പല വിധത്തിൽ ആനന്ദമുണ്ടാവും മറ്റുള്ളവരുടെ പ്രാണനയും ചലിപ്പിക്കാൻ അവർക്ക് സാധിക്കും അതാണ് ചിലരുടെയൊക്കെ പ്രാണായാമ മെത്തേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അവരുടെ സന്നിധിയിൽ അത് വളരെ എഫക്റ്റാവും അവർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ അവര് അവരുടെ പ്രാണമണ്ഡലത്തിൽ നിൽക്കുന്നു അവരുടെ അടുത്തുവരുന്നവരുടെ പ്രാണനയും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷേ ഇതും അശാശ്വതമാണ് ഇതും ശാശ്വതമല്ല ന പ്രാണസജ്ഞോ നവാ പഞ്ചവായുഹു ന സപ്തധാതുഹു നവാ പഞ്ചകോശ പഞ്ചകോശങ്ങളുണ്ട് നമുക്ക് അഞ്ച് ഡ്രസ്സും ഉണ്ടെന്നാണ് അന്നമയം ഈ ശരീരം ഇതിനുള്ളിൽ പ്രാണമയം നമ്മളിപ്പോ പറഞ്ഞല്ലോ അത് അതിനും പുറകെ മനോമയം മനസ്സുകൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലം അതിനും പുറകെ വിജ്ഞാനമയം അറിവിന്റെ ഒരു മണ്ഡലം ഇൻസൈറ്റ്സിന്റെ ഒരു മണ്ഡലം അതിനും പുറകില് ആനന്ദമയം ആനന്ദത്തിന്റെ ഒരു മണ്ഡലം ഇതിനൊക്കെ പുറകിൽ നിഗൂഢമായി മഹാവാക്യഗൂഢം ആയ വസ്തു നിൽക്കുന്നു ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിൽക്കും ഇതൊക്കെ ആവിർഭവിച്ച് തിരോഭവിക്കും അന്നമയം ആവിർഭവിച്ച് തിരോഭവിക്കും പ്രാണമയം ചലിച്ചുകൊണ്ടേയിരിക്കും മനോമയം സദാ ചപലമായിട്ടിരിക്കും വിജ്ഞാനമയവും വരുകയും പോവുകയും ചെയ്യും ആനന്ദമയവും അൽപ്പ ആവിർഭവിക്കുകയും മറയുകയും ചെയ്യും പക്ഷെ ഇതിനൊക്കെ പുറകിൽ ആവിർഭാവ തിരോഭാവമില്ലാതെ സാക്ഷിയായിട്ട് നിൽക്കുന്ന ബോധം ആ ബോധമാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം വാക് പാണി പാദ വാക്ക് പാണി പാദം പായു ഉപസ്തം ഇതൊക്കെ കർമ്മേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് ചെവി ത്വക്ക് ഇതൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെ ഗ്രഹിക്കുന്ന കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് മുതലായിട്ടുള്ള ജ്ഞാനേന്ദ്രിയഞ്ചും ഞാനല്ല ഗമനം ആദാനം മലവിസർജ്ജനം ആനന്ദിക്കൽ ഭക്ഷണം മുതലായിട്ടുള്ളതൊക്കെ ചെയ്യുന്ന വാക്ക് പാണി വർത്തമാനം പറയാൽ വാക്ക് പാണി പാദം പായു ഉപസ്ഥം മുതലായിട്ടുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളും ഞാനല്ല ഇത് കർമ്മേന്ദ്രിയങ്ങൾ ഇതിന് കർമ്മം കർമ്മമാണ് പ്രധാനം മറ്റേത് ജ്ഞാനപ്രധാനം അറിയുക ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഞാനല്ല അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഞാനല്ല പ്രാണനും ഞാനല്ല അഞ്ച് വായുക്കളും ഞാനല്ല ഇതൊക്കെ ഞാനല്ല ഞാനല്ല ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന യാതൊരു ബോധമുണ്ടോ നിശ്ചലതയുണ്ടോ ശാന്തിയുണ്ടോ പൂർണ്ണത്വമുണ്ടോ പരമപരിശുദ്ധമായ ബോധാനുഭവമുണ്ടോ ആ ബോധാനുഭവമാണ് ഞാൻ ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ഈ നമുക്ക് നല്ലവണ്ണം തെളിയണം കഴിയുന്നതും ഈ സത്യം അറിഞ്ഞനുഭവിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കണം എന്നാണ് ഭഗവാൻ ഗീതയില് പറയുന്നത് അർജുന ഈ ചിദാനന്ദരൂപ ശിവോഹം എന്നുള്ളത് ബ്രാഹ്മീ സ്ഥിതി പാർത്ഥേനാപ്യമുഹ്യത്തി തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തിയാൽ അവൻ പിന്നെ മോഹിച്ചു പോവില്ല സ്ഥിതിവാസ്യാം അന്ധകാലേബി ബ്രഹ്മനിർവാണ മൃച്ചതി അന്ധകാലത്തിലെങ്കിലും ഈ സ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ ബ്രഹ്മനിർവാണത്തിനെ പ്രാപിക്കുന്നു അപ്പൊ സത്സംഗത്തിൽ നമ്മൾ ഈ സത്യം അറിയുകയും മരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഈ ഇൻസൈറ്റ് ഉള്ളവരെ ഇത് ഓർമ്മിപ്പിക്കണം അടുത്തിരുന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് അടുത്തുപോയി കരയരുത് മരിക്കുന്നവരോട് പോയിട്ട് അയ്യോ വിട്ടിട്ട് പോണുവല്ലോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ മനസ്സ് നമ്മളെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കും അതൊന്നും വേണ്ട അവരെടുത്ത് ചെന്ന് ഓർമ്മിപ്പിക്ക ഈ ശരീരം നിങ്ങളല്ല മനസ്സ് നിങ്ങളല്ല അപ്പോ സൂക്ഷ്മ തലത്തിലൊക്കെ അവർക്ക് ദർശനം ഉണ്ടാവും പലർ പ്രാണനും നിങ്ങളല്ല നിങ്ങൾക്ക് മരണമില്ല നിങ്ങള് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ആത്മാവാണ് ബ്രഹ്മമാണ് ഓർമ്മിക്കുക ഓർമ്മിച്ചുകൊണ്ട് ആ സ്വരൂപത്തിൽ നിൽക്കുക നിങ്ങൾക്ക് മരണമില്ല ശരീരം മരിച്ചുപോകുന്നു നിങ്ങൾ മരിക്കുന്നില്ല ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക അവരുടെ ശ്രദ്ധ സത്യത്തിൽ തിരിയുന്നവരെ ഓർമ്മിപ്പിക്കലാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം െ ജീവിച്ചിരിക്കുമ്പോ തന്നെ നല്ലവണ്ണം മനനം ചെയ്ത് ഈ സത്യത്തിനെ പിടികിട്ടിയാൽ പിന്നെ നമുക്ക് മരണമില്ല ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ശരീരത്തിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു മനസ്സിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു പ്രാണനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു സൂക്ഷ്മ മണ്ഡലത്തിലുള്ള ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു അതിനേക്കാളും സൂക്ഷ്മമായി മണ്ഡത്തിൽ മണ്ഡലത്തിൽ ഉണ്ടാവുന്ന വികാരത്തിനെ ആനന്ദ വികാരത്തിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു എല്ലാം തള്ളിക്കളഞ്ഞു കഴിയുമ്പോ ശുദ്ധമായ ശിവം പ്രജ്ഞ ബോധം ബ്രഹ്മം അത് സ്വയം പ്രകാശമായി ഉള്ളിൽ തെളിഞ്ഞുവരും ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം മനോബുദ്ധി അഹങ്കാര ന ച ശ്രോത്രജിഹേന ചഗ്രാണനേത്രേ ന്യോമഭൂമിർന്നേജോനവായു ചിദാനന്ദ ശിവോഹം ശിവോഹം ചാണസഞ്ജോ നവൈ പഞ്ചവായു മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് മൂലം അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നുള്ളത് പറഞ്ഞ് ശ്രോത്രജിഹേ എന്ന് സൂചിപ്പിച്ചത് ജ്ഞാനേന്ദ്രിയങ്ങളെ സൂചിപ്പിച്ചു രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രാണനാണ് കർമ്മേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്നത് അതുകൊണ്ട് ന ചാണസജ്ഞോ നവൈ പഞ്ചവാ സപ്തധാതുർ നോശ് പാണി പാദ കർമ്മേന്ദ്രിയങ്ങളെ പറഞ്ഞു കർമ്മേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന പ്രാണചലനമൊന്നും തന്നെ ഞാനല്ല ജ്ഞാനേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന മനോചലനം ഞാനല്ല കർമ്മേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന പ്രാണചലനവും ഞാനല്ല ചിദാനന്ദ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപമായ ശുദ്ധശിവമാണ് ഞാൻ നേ ദ്വേഷരാഗൗ നമേലോഭമോഹ മദോ നൈവമേനൈവമാസര്യഭാവഹം നമ്മോന ചാർത്ഥോ നാമോന മോക്ഷ ചിദാനന്ദ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗവും എല്ലാ ദുഃഖത്തിനും മൂലകാരണം മനസ്സാണ് മനസ്സെങ്ങനെ ഉണ്ടായി രാഗദ്വേഷം കൊണ്ടോ ഉണ്ടായി ഒരു വസ്തുവിനെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നു ഒരു വസ്തുവിനെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നില്ല അറ്റാച്ച്മെന്റ് ആൻഡ് അവേർഷൻ ഉള്ളില് ആഴത്തിൽ പതിഞ്ഞ് മനസ്സായി രൂപം പോണ്ട് നമ്മളുടെ ശാന്തിയെ ഭഞ്ചിക്കും രാഗദ്വേഷത്തിനെ എങ്ങനെ മാറ്റും രാഗദ്വേഷ വാസ്തവത്തിൽ നമ്മളിൽ ഇല്ല രാഗദ്വേഷങ്ങളൊക്കെ മനസ്സിലുണ്ട് പക്ഷെ മനസ്സ് സുഷുപ്തിയിലുണ്ടോ ഇല്ല സുഷുപ്തിയിൽ യഥാർത്ഥത്തിൽ നിങ്ങളുണ്ടോ ഇല്ലയോ സുഷുപ്തിയിൽ ഞാനുണ്ടോ ഇല്ലയോ സുഷുപ്തിയിൽ ഞാനുണ്ട് പക്ഷെ മനസ്സില്ല അപ്പോ ഈ രാഗദ്വേഷാദികളൊക്കെ മനസ്സിന്റെ വികാരങ്ങളാണ് എന്റെയല്ല കാമക്രോധാദികളൊക്കെ മനസ്സിലാണോ ഉള്ളത് വിഷയവാസനകളെ എങ്ങനെ ഇല്ലാതാക്കും വിഷയവാസനകളൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല കാരണം വിഷയവാസനകൾ ഉണ്ടെങ്കിലല്ലേ ഇല്ലാതാക്കാൻ വിഷയവാസനകളൊന്നും യഥാർത്ഥത്തിൽ എന്നിലില്ല പിന്നെ എവിടെയാളുള്ളത് മനസ്സിലുണ്ട് മനസ്സ് ഞാനല്ല സുഷുപ്തിയിൽ മനസ്സില്ലല്ലോ സുഷുപ്തിയിൽ മനസ്സെവിടെ പോയി മനസ്സേ ഇല്ല അപ്പൊ മനസ്സിലാണ് രാഗദ്വേഷങ്ങളും കർത്തൃത്വം ഭോക്തൃത്വവും വിഷയവാസനകളും അപ്പോ ഇവിടെ ആചാര്യസ്വാമികൾ അതിനെ തന്നെ നിഷേധിക്കുകയാണ് യഥാർത്ഥമായ എന്റെ സ്വരൂപത്തിൽ രാഗമോ ദ്വേഷമോ കാമമോ ക്രോധമോ ഒന്നുമില്ല ഏത് വരുകയും പോവുകയും ചെയ്യുന്നു അത് സത്തല്ല രാഗം ദ്വേഷമൊക്കെ വരുന്നു പോകുന്നു വാസ്തവത്തിൽ എന്നിലില്ല എനിക്ക് ഇന്നലെ ദേഷ്യം വന്നു പക്ഷെ ഇപ്പൊ ദേഷ്യമില്ല എനിക്ക് ചിലപ്പോ ഇന്നിപ്പോ ദേഷ്യം വരും ഇന്നലെ ഉണ്ടായിരുന്നില്ല നാളെ ഇല്ല നടുവിൽ വരുന്നു പോകുന്നു ഏ ഒരു വികാരത്തിനെയും നമ്മളെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല ഒക്കെ ഒരു ഇന്ദ്രജാല പ്രകടനമാണ് നമ്മളെ പറ്റിക്കുകയാണ് നമ്മളിൽ വരുന്ന ഒരു വികാരവും ശാശ്വതമല്ല യാതൊരു നല്ല വികാരമായാലും ചീത്ത വികാരമായാലും നമ്മൾ മെനക്കെട്ടാൽ പോലും പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നിട്ട് വേണ്ട ഇതിനെ ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാൻ എന്തുണ്ട് എന്നാണ് വാസ്തവത്തിൽ ആലോചിച്ചാൽ യാതൊന്നും നമുക്ക് പിടിച്ചു നിർത്താനേ പറ്റില്ല അത് വരികയും പോവുകയും ചെയ്യുന്നു ദേഷ്യം വരുന്നു പോകുന്നു അസൂയ വരുന്നു പോകുന്നു ആ ഒന്നും നിൽക്കണില്ല അപ്പൊ അതിനോട് കൂട്ടുകൂടാതിരുന്നാൽ മാത്രം മതി പലതും വരുകയും പോവുകയും ചെയ്യും കുഞ്ചുസ്വാമികൾ നമ്മുടെ മഹർഷിയോട് ചോദിച്ചു ഗിരിപ്രദക്ഷിണത്തിനു പോകുമ്പോ ചിത്തവൃത്തികളില്ലാതെ പോകണം എന്ന് വിചാരിക്കും പക്ഷെ അനേക വിചാരങ്ങൾ വരുന്നു അതിനെ എങ്ങനെ നീക്കും അപ്പോ മഹർഷി കുഞ്ചുസ്വാമിയോട് ചോദിച്ചു നിങ്ങൾ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ കൊരങ്ങുകൾ റോഡ് ക്രോസ് ചെയ്യും ഇടയ്ക്ക് ചിലപ്പോ അവർ കൂട്ടമായിട്ട് വരും അപ്പൊ നിങ്ങൾ എന്തു ചെയ്യും ഞാൻ അവർ മുഴുവൻ കടന്നു പോവാനായിട്ട് നിൽക്കും നമ്മൾ പോയാൽ ചിലപ്പോ കൂട്ടമായിട്ട് വരുമ്പോ അവർ ആക്രമിക്കും അപ്പൊ പോവാനായിട്ട് നിൽക്കും അവർ മുഴുവൻ കടന്നു കഴിഞ്ഞാൽ നടക്കും അതുപോലെ ചെയ്താൽ മതി എന്ന് വെച്ചാൽ വിചാരങ്ങളൊക്കെ വരും എത്ര വിചാരങ്ങൾ വേണമെങ്കിൽ വരട്ടെ അത് കൊരങ്ങന്മാർ റോഡ് ക്രോസ് ചെയ്യണ പോലെയാണ് ക്രോസ് ഇപ്പൊ ഉണ്ട് ആ ഇരിക്കട്ടെ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ വന്നിരിക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതാവും നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അത് പോകും അപ്പൊ ഈ രാഗം ദ്വേഷം കോപം ഇതൊക്കെ എന്റെയാണ് എന്ന് കരുതുമ്പോഴാണ് വിഷമം ഉണ്ടാവണത് ഇതൊക്കെ മറ്റുള്ളവരുടെ മനസ്സിലുള്ള പോലെ എന്റെ മനസ്സിൽ നിൽക്കണു അത്രയേ ഉള്ളൂ അത് നിക്കണു പോകണു ഇതൊക്കെ എന്നിലുണ്ട് ഇതിൽ ഞാനില്ല എന്റെ കൂട്ടില്ലെങ്കിൽ അവയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മനസ്സിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്നാണ് മനസ്സിൽ എന്തു വേണമെങ്കിലും ഉണ്ടാവട്ടെ ഈ മനസ്സ് ഞാനല്ല മനസ്സിൽ എന്തു വരുമ്പോഴും പറയുക ഈ മനസ്സ് ഞാനല്ല മനസ്സ് എന്റെയോ അല്ല പ്രകൃതിയിൽ എന്തൊക്കെയോ നടക്കണു അതുപോലെ ഇവിടെ എന്തൊക്കെയോ നടന്നിട്ട് പോകട്ടെ അത് ഞാൻ കേൾക്കേണ്ടില്ല മിണ്ടാതെ മാറി നിൽക്കണം അതിനുള്ള വഴിയാണ് നമേ ദ്വേഷരാഗവും എനിക്ക് രാഗവുമില്ല ദ്വേഷവും നമേ ലോഭമോഹവും എനിക്ക് ലോഭവുമില്ല മോഹവുമില്ല ഇതൊക്കെ മനസ്സിലുണ്ട് പക്ഷേ ശുദ്ധപ്രജ്ഞയെ സ്വരൂപമായ ആത്മാവിലില്ല മതോ നൈവമേ എനിക്ക് മതവുമില്ല നൈവമാത്സര്യഭാവ എനിക്ക് എങ്ങനെ ഇതൊക്കെ ഇല്ലയോ നോക്കണം എന്നിൽ എങ്ങനെ ഇതൊന്നും സത്യമല്ലയോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരിലും അതുകൊണ്ട് മറ്റുള്ളവരിലും ഇതൊന്നും ആരോപിക്കരുത് എന്നാണ് നമുക്ക് എല്ലാരിലും ഈശ്വരനെ കാണാനുള്ള വഴി ഇതാണ് എല്ലാവരിലും ഈശ്വരനെ കാണാൻ എളുപ്പമല്ല കാരണം എന്താ നമ്മൾ എന്തിനെ കാണും ഈശ്വരനെ കാണണം പറഞ്ഞു നോക്കുമ്പോൾ അവരിൽ അഹങ്കാരത്തിനെ കാണും ആത്സര്യത്തിനെ കാണും കോപത്തിനെ കാണും ദ്വേഷത്തിനെ കാണും ഇതൊക്കെ കാണും ഇതൊക്കെ കാണാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഇതൊന്നും വാസ്തവത്തിൽ എന്നിലില്ലാത്തതുപോലെ മറ്റുള്ളവരിലും ഇല്ല വെറും തോന്നൽ മാത്രമാണ് മനസിന്റെ മണ്ഡലത്തിൽ ഉണ്ടാവുന്നു സ്വരൂപത്തിൽ ആരുടെയും സ്വരൂപത്തിൽ ഇതൊന്നുമില്ല മതോനൈവമേനൈവമാര്യഭാവ സുബ്രഹ്മണ്യനെ കാണാനായി ഒരമ്പലത്തിൽ പോയി മുരുകൻകോവിൽ ഭഗവാനെ നല്ലവണ്ണം അലങ്കരിച്ചു വെച്ചിരിക്കുന്നു മുരുകനെ തൊഴാൻ പോയപ്പോ ശ്രദ്ധ മുഴുവൻ എവിടെയാപ്പോണെന്ന് വെച്ചാൽ ഈ ഭൂജാരികൾ കാണിക്കുന്ന കോമാളിത്തരത്തിൽ അവര് പണമുണ്ടാക്കാനായിട്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ചുറ്റും നിൽക്കണം അവരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സ്വാമിയെ നോക്കാനേ പറ്റിയില്ല അപ്പോ ആലോചിച്ചു ഇവരെ നോക്കാനാണോ നമ്മൾ മെനക്കെട്ട് ഇത്രയും ദൂരം വന്നത് അവരെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വേണ്ടതെന്താ അവരൊക്കെ അവിടെ ഇരിക്കട്ടെ അവരുടെ ഇടയെക്കൂടെ നോക്കണം അങ്ങനെ വിചാരിച്ചാലും ഒരു തടിമാടം നടുവിൽ വന്നു നിൽക്കും എന്നാലും വിനിയും അയാളെ മാറ്റിയിട്ടെങ്കിൽ അയാൾ മാറുന്നത് കാത്തുനിന്നിട്ടെങ്കിലും സുബ്രഹ്മണ്യസ്വാമിയെ കണ്ടിട്ട് വരണമെന്നല്ലാതെ ഇവരെ ആശ്രയിച്ചു എനിക്ക് സ്വാമിയെ നോക്കാനേ പറ്റില്ല തൊഴാൻ പോയിട്ട് ഇവരുടെയൊക്കെ ദൂഷ്യമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വരേണ്ടി വരും ഇവരിങ്ങനെയൊക്കെ കാണിക്കണമല്ലോ എന്ന് ഇവരിങ്ങനെ ഇവരെല്ലാം ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൽ ഇങ്ങനെ ഉണ്ടാവും ഇവരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പൊ അതേപോലെ ഓരോ ശരീരത്തിലും ഉള്ള സുബ്രഹ്മണ്യ സ്വാമിയെ കാണണമെങ്കിൽ അവിടെയൊക്കെ പൂജാരികൾ ഉണ്ടാവും കാമം ക്രോധം ലോപം മോഹം മതം ആശര്യം ഒക്കെ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിൽ വരും അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്വാമിയെ കാണണം ചിദാനന്ദ രൂപമായ ശിവത്തിനെ ഓരോന്നിലും കാണണം അതിന് ശവത്തിനെ മാറ്റി നിർത്തിയാലേ ശിവത്തിനെ കാണാൻ പറ്റുള്ളൂ എക്സറേ എടുക്കുമ്പോൾ ഉള്ളിലുള്ളത് കാണുന്ന പോലെ ഒരു എക്സറേ വിഷൻ ഉണ്ടാവണം ഉള്ളിലുള്ള വസ്തുവിനെ കാണാനായിട്ട് ബാക്കിയൊക്കെ മാറ്റി നിർത്തിയിട്ട് കാണുകയും വേണം എന്തൊക്കെയോ ഉണ്ടാവും പലതും അതിലൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല ശ്രദ്ധിച്ചാൽ നമുക്കാണ് നഷ്ടം അല്ലാതെ എല്ലാവരിലും ഒരേ ബോധം എന്ന് കാണാനുള്ള സീക്രട്ട് പഠിച്ചാൽ നമുക്ക് യോഗസാധനയ്ക്ക് ഇങ്ങനെ കണ്ണടച്ചിരിക്കേണ്ട ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സ്ഥിതി കണ്ണുകൊണ്ട് ഓരോരുത്തരെയും കാണുമ്പോ പൂജയാണ് ഓരോ ശരീരം കാണുമ്പോഴും ദിവ്യക്ഷേത്ര ദർശനമാണ് ഈ പഠിച്ചു കഴിഞ്ഞാൽ പഴത്തിന്റെ തോലുരിച്ച് പഴം ഉള്ളിലുള്ള പഴം കഴിക്കണ പോലെ ഓരോ ശരീരത്തിനെ കാണുമ്പോഴും അതിന്റെ പുറമേക്കുള്ള മറ നീക്കി ഉള്ളിലുള്ളത് സ്വർണ്ണമെടുക്കണമെങ്കിൽ ഒരു പക്ഷേ അല്പം കുറച്ച് ഗ്രാം സ്വർണം എടുക്കണമെങ്കിൽ ആ ഭൂമിയിൽ നിന്നും ടൺ കണക്കിന് ചളിയും മണ്ണും കല്ലും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ഒരു ഗ്രാം കുറച്ച് ഗ്രാം സ്വർണം എടുക്കാം അതുപോലെ ഓരോ ശരീരത്തിലുമുള്ള ചൈതന്യം കുറച്ച് ഗ്രാം ചൈതന്യമെങ്കിലും ഓരോ ശരീരത്തിലും കാണണമെങ്കിൽ ആ ശരീരത്തിലുള്ള ടൺ കണക്കിനുള്ള ചളിയും മണ്ണും ഒക്കെ മാറ്റിയിട്ട് വേണം കാണാൻ നമുക്ക് ും അപ്പൊ പക്ഷെ സ്വർണ്ണമെടുക്കുന്ന ആളുകൾ ആ ചളിയും മണ്ണും നോക്കിക്കൊണ്ടിരിക്കുവോ അവര് ചളിയും മണ്ണും ഒന്നും ശ്രദ്ധിക്കുകയില്ല രണ്ടു ഗ്രാം സ്വർണം കാണുമ്പോ ആ സ്വർണത്തിലാണ് ശ്രദ്ധ അതേപോലെ നമ്മളുടെ ശരീരം പോലെ തന്നെ കാണുന്നവരിലുള്ള ശരീരവും അവരുടെ മോട്ടീവ്സ് അവരുടെ മനസ്സ് അവരുടെ അഹങ്കാരം അവരുടെ രാഗദ്വേഷം അവരിലുള്ള ലോഭം മോഹം മതം ആത്സര്യവും ഒക്കെ തൺകണക്കിനുള്ള ചളിയാണ് അതിന്റെ ഒക്കെ നടുവിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് യാതൊന്ന് സ്ഫുരിക്കുന്നുവോ അത് അതിന്റെ നടുവിലുള്ള കുറച്ച് ഗ്രാം സ്വർണ്ണമാണ് ആ കുറച്ച് ഗ്രാം സ്വർണത്തിനേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ ഈ ടൺ കണക്കിനുള്ള ചളിയും ഒക്കെ മാറ്റി നിർത്തണം അതൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല അപ്പൊ നമേ ദ്വേഷരാഗവും എനിക്ക് ദ്വേഷമോ രാഗമോ ഇല്ല അതൊക്കെ ടൺ കണക്കിനുള്ള ചളി നമേ ലോഭമോഹവും ലോഭം അതൊന്നും എന്നിലില്ല അതൊക്കെ ഇതാ ശരീരത്തിലും മനസ്സിലുമൊക്കെ കിടക്കുന്നു മതോ നൈവമേ എനിക്ക് അഹങ്കാരവും ഇല്ല നൈവമാത്സര്യഭാവ കോമ്പിറ്റീഷനും ഇല്ല മറ്റുള്ളവരെ കടത്തിവെട്ടണം എന്നുള്ള ആഗ്രഹമില്ല ധർമ്മോ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പറയുമല്ലോ ഇതൊന്നും ആത്മാവിനെവിടെ ധർമ്മം ആത്മാവിന്റെ ധർമ്മം കൊണ്ട് എന്ത് പ്രയോജനം ആത്മാവിനെ അർത്ഥം കൊണ്ട് എന്ത് പ്രയോജനം ആത്മാവിന് കാമം കൊണ്ട് എന്ത് പ്രയോജനം ആത്മാവിന് മോക്ഷം കൊണ്ട് എന്തു പ്രയോജനം അത് നിത്യമുക്ത വസ്തുവാണ് അതിന് മോക്ഷം എന്തിന് അപ്പൊ നധർമ്മോ നർത്തോ നാമോ ന മോക്ഷ ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപമായ ശിവമാണ് ഞാൻ എനിക്ക് യാതൊരു പ്രകൃതിയുടെ വികാരങ്ങളും എന്നിലില്ല പ്രകൃതിയുടെ വികാരങ്ങളൊന്നും എന്നെ സ്പർശിക്കുന്നില്ല അതൊക്കെ പ്രകൃതിയിൽ വർത്തിക്കുന്നു ഞാൻ പ്രകൃതിയല്ല ഞാൻ പൂർണ്ണവനായ പുരുഷൻ ചിദാനന്ദരൂപമായ ശിവം നമേ ദ്വേഷരാഗൌ നമേ ലോഭമോഹവും മതോ നൈവമേ നൈവമാത്സര്യഭാവ ന ധർമ്മോ നർത്ഥോ നാമോ നോക്ഷ എനിക്ക് മോക്ഷമോ യാതൊന്നും വേണ്ട എപ്പൊ നമ്മൾ ഒന്നും വേണ്ട എന്ന് പറയണോ അപ്പൊ എല്ലാം കിട്ടും അതാണ് സീക്രട്ട് എപ്പൊ എനിക്ക് യാതൊന്നും വേണ്ട എനിക്ക് മോക്ഷവും വേണ്ട എനിക്ക് യാതൊരു നേട്ടങ്ങളും വേണ്ട യാതൊന്നും എനിക്ക് കിട്ടണ്ട യാതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ മുക്തനാവും വേണം വേണം എന്ന് പറയുമ്പോ നമ്മൾ അടിമകളായിട്ടിരിക്കുന്നു വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരാകും പൂതനായാലും സ്വതന്ത്രയാവും പൂതനാ മോക്ഷത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭാഗവത വ്യാഖ്യാതാക്കൾക്ക് നല്ല ഒരു ചാതുര്യം വസുദേവർ ദേവകി സാക്ഷാത് ഭഗവാനെ പ്രസവിച്ച അമ്മയും അച്ഛനും ഒക്കെ അവസാന കാലം വരെ എന്താണ് ബ്രഹ്മം അറിഞ്ഞില്ല അറിഞ്ഞില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂതനയ്ക്ക് മാത്രം ഒരു ക്ഷണത്തിൽ മുക്തി കൊടുക്കാൻ എന്താണ് വിധിയുള്ളത് എന്ന് വെച്ചാൽ പൂതന പരമദുഷ്ടയായിരുന്നു വാസ്തവം പക്ഷെ അവൾ വേണ്ട എന്ന് പറഞ്ഞു അത്ര ഇനി ഒന്നും വേണ്ട അവിടൂ മതി മതി എന്ന് പറഞ്ഞു പത്ര ആര് മതി എന്ന് പറയണു അപ്പോൾ അവർക്ക് മുക്തി എങ്ങനെയാ പൂതന പറഞ്ഞത് മതി എന്ന് ഭഗവാൻ പിടിച്ച് ഞെക്കിയപ്പോ ഞെക്കി തുടങ്ങിയപ്പോ പൂതന പറഞ്ഞു മതി എന്നാണ് എനിക്ക് അലം അലം മാ മുഞ്ച മുഞ്ച അലം ഇതി പ്രഭാഷിനി വിമുഞ്ച എന്നെ മുക്കുത്തയാക്കൂ മുഞ്ച മുഞ്ച വിടു വിടു വിടു അലം അലം അലം പുറമേക്ക് നോക്കിയാൽ എന്നെ പിടിവിടുന്ന് പറയണ പോലെ ഉണ്ടാവും പക്ഷെ ഭൂതനയ്ക്ക് താൻ ചെയ്ത ദുഷ്ടതകളും കർമ്മങ്ങളും ലോകത്തിൽ പ്രവർത്തിച്ചതുമൊക്കെ കണ്ടിട്ടും മതിയായിട്ട് അലം അലം അലം ഇതിപ്രഭാഷിണി മതി ഇനി ലോകത്തിൽ ജീവിച്ചത് മതി എനിക്ക് സുഖവും വേണ്ട ദുഃഖവും വേണ്ട നല്ലതും വേണ്ട ചിലപ്പോൾ സുഖവും നല്ലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ വൈരാഗ്യം വലിയ ചീത്ത ചെയ്യുന്നവർ ചിലപ്പോൾ പെട്ടെന്ന് വിദഗ്ധന്മാരായി പോവും അലം അലം അലം മതി മതി മതി മതി ഇതിപ്രഭാഷിണി അലം എന്ന് പറഞ്ഞാൽ അപ്പമുക്തിയാണ് എനിക്കൊന്നും വേണ്ട ഇന്ദ്രിയങ്ങളിലൂടെയോ മനസ്സിലൂടെയോ ശരീരത്തിലൂടെയോ ആത്മാവിലൂടെയോ എനിക്കൊന്നും അനുഭവിക്കാനുള്ള ആഗ്രഹമില്ല എന്ന ആഗ്രഹങ്ങൾ പോയാൽ പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ഈ ക്ഷണത്തിൽ സ്വതന്ത്രനായി പോവും കാരണം സ്വാതന്ത്ര്യം എന്നുള്ളത് സത്യമാണ് സ്വാതന്ത്ര്യം ഇപ്പോഴേ ഉണ്ട് ആ സ്വാതന്ത്ര്യം അറിയാതിരിക്കാൻ കാരണം ആഗ്രഹങ്ങളുടെ ലോകത്തിൽ ചുറ്റിത്തിരിയുന്നത് കൊണ്ട് അറിയാൻ കഴിയും നമ്മൾ ആഗ്രഹങ്ങളെ കളയുന്നതിന് പകരം അതിന് വല്ല ടെക്നിക്കുണ്ടോ ചോദിച്ചോണ്ട് ആഗ്രഹത്തിന് എങ്ങനെ കളയും ഈ എങ്ങനെയെന്നുള്ള ചോദ്യം എപ്പം നിർത്തണമോ അപ്പോഴേ നമ്മൾ ശരിയാവുള്ളൂ എങ്ങനെയെന്ന് ചോദിക്കാനേ പാടില്ല വെൻ യു സീ ഇൻസൈറ്റ് ഹാപ്പൻസ് ഇൻ മത്തി ആ വൈരാഗ്യം വിരക്തി ആ വിരക്തിയാണ് ഇവിടെ നാ നാ എന്ന് പറയണതേ അല്ല അല്ല എന്ന് പറയുന്നത് വിരക്തിയാണ് ആ വിരക്തി വരുമ്പോ പരമമായ വിരക്തി തന്നെ ചിദാനന്ദരൂപമായ സത്യത്തിനെ കാട്ടിത്തരും ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നോത്രജിഹേം നഘ്രാണനേത്രേണ ച വ്യോമ ഭൂമി തേജോണ വായു ചിദാനന്ദ ശിവോഹം ശിവോഹം നാണസോ നൈ പഞ്ചവായുന സപ്തധാതു പഞ്ചകോഷ നാണിപാദോ നോപ്പയു ചിദാനൂപ്പശിവോഹം ശിവോഹം मदो നേ ദ്വേഷോഭമോഹ മദോ നൈവേ നൈവത്സര്യാവോ നാർോ रूप നോക്ഷിന്ദ്രൂപോഹം ശിവോഹം യോ മമാത്മാവസി മേവ താച്യം മമ കിഞ്ചിതത്തിഥൈ ത്മനം ഭജ